ിൽ നാടകം ലിയോ ടോൾസ്റ്റോയുടെ കഥയുടെ റേഡിയോ ആവിഷ്കാരം റേഡിയോ രൂപരചന റഹിം മുഖത്തല സംവിധാനം സി കൃഷ്ണകുമാർ തീക്കളി മോളെ കത്രീനെ കോഴി കൊക്കുന്നത് കേട്ടില്ലേ അത് മുട്ടയിട്ട് കാണും ചെന്ന് നോക്കടി ഞാൻ മേലെഴുതാൻ പോവാണ് അമ്മച്ചി മുട്ട വണ്ടിപ്പനിണ്ടാവും ഞാൻ പിന്നെ ചെന്ന് എടുത്തോളാം പെരുന്നാളിങ്ങ് അടുത്ത് വരുവാ നിന്റെ സൂക്ഷിപ്പ് കോഴിമുട്ട ഇരുപ്പുണ്ടാടി അമ്മച്ചി എത്ര നിർബന്ധിച്ചാലും മുട്ട എത്ര ഉണ്ടെന്ന് ഞാനിപ്പ പറയത്തില്ല ഒന്നുമല്ലേലും ഞാൻ നിന്റെ കെട്ടിയോണ്ട തള്ളേടി സംഗതി പരമ രഹസ്യ ഒരു ഇതെന്ത് മറിമായും വണ്ടിപ്പരൻ എങ്ങും കോഴിമുട്ട കാണുന്നില്ലല്ലോ അമ്മച്ചി വണ്ടിപ്പരുന്ന മുട്ട എടുത്തോ ഇല്ലല്ലോ പെണ്ണേ കോഴിന്ന് വീട്ടിലാണെന്നാ തോന്നുന്നേ ആ ഭാഗത്ത് കോഴി പോക്കുന്നത് ഞാൻ കേട്ടു ആ എന്നാ ഞാൻ പോയി ത്രേശിച്ചേട്ടോട് ചോദിച്ചു നോക്കട്ടെ അല്ല ആരാ ഇത് കത്രിനയോ എന്താ കത്രിനെ ത്രേശിച്ചേട്ടത്തി എന്റെ കോഴി ഇവിടെ വന്നിരുന്നോ ഇല്ലല്ലോ കൊച്ചേ നിന്റെ കോഴിയെ ഇന്ന് ഞാൻ കണ്ടിട്ടേയില്ല വണ്ടിപ്പരയിലാ കോഴി നിത്യ മൊട്ടയിടുന്നേ ഇന്നും ഞാൻ അവിടെ ചെന്ന് നോക്കിയതാ അവിടെ മൊട്ട കാണുന്നില്ല അപ്പോഴാ കോഴി ഈ ഭാഗത്തുനിന്ന് കൊക്കുന്ന കേട്ടെന്നും കൊറേ കഴിഞ്ഞ് വേലിക്കുമുകളിലൂടെ പറന്നു വരുന്ന കണ്ടെന്നും അമ്മച്ചി പറഞ്ഞേ നിന്റെ കോഴി ഇടുന്ന മുട്ട ഞങ്ങക്ക് വേണ്ട കത്രീനെ മുട്ടയിടുന്ന കോഴികൾ ഇവിടെ മൂന്നാലെണ്ണം ഉണ്ട് ആരാന്റെ കോഴി മുട്ടയിടുന്നതെന്ന് നോക്കി നടക്കണ്ട ഗതികേട് ഇപ്പൊ ഞങ്ങൾക്ക് വന്നിട്ടില്ല അതിന് ചേട്ടത്തി എന്തിനാ കയർക്കുന്നേ അമ്മച്ചി കേട്ടതല്ലയോ കോഴി ഇവിടെ കൊക്കുന്നേ കണ്ടതും കേട്ടതും മറ്റാരും അല്ലല്ലോ നിന്റെ കെട്ടിയാന്റെ തള്ള അവൾ അതിലപ്പുറവും കാണും കേൾക്കും ത്രേശ ചോട്ടത്തി മനസ്സിലെന്തോ മറച്ചു വെച്ച് പറയുന്ന പോലുണ്ടല്ലോ അതേടി നീ എന്നെന്തോ ചെയ്യും ത്രേസ്യയുടെ തനി നിറം നീ കണ്ടിട്ടില്ല ഓ പിന്നെ ഞാൻ കാണാത്തതല്ലേ നിങ്ങളുടെ തനി നിറം ഏറി പോണ്ടട്ടോ എന്താണ് പറഞ്ഞത് നാവിനെ എല്ലില്ലെന്ന് വെച്ച് എന്ത് തോന്നിയാസവും പറയാമെന്നോ നാണും കിട്ടവളെ എന്താണ് അവിടെ ഒരു പൊട്ടലും ആ ത്രേശ് സാത്താൻ കൂടിയോ കോഴി ഇവിടെ വന്ന് മുട്ടയിട്ടോന്ന് ചോദിച്ചേന് ഈ വൃത്തികെട്ട സ്ത്രീ ഇനി എന്നെ പറയാൻ ബാക്കിയൊന്നുമില്ല അമ്മച്ചി അത്രക്കാ നെഗളിക്കട്ടത് പറഞ്ഞു കൊടുക്കടി പെണ്ണെ ആ നേറികെട്ടവളോട് ഒരുപെട്ടോളെ നിന്റെ ഗുണപതിയാനം എനിക്കറിയാപടി കെട്ടിയാന്റെ തന്തപ്പിടിയെ പട്ടിണിക്ക് ഇട്ട് കൊല്ലുകല്ലടി നീ എടീ നിന്റെ ഗെപ്രിയേലിന്റെ തന്ത ചത്തത് എങ്ങനെയാണെന്ന് ഈ നോട്ടുകാർക്കൊക്കെ അറിയാമേടി നേരെ ചൊവ്വയിരുന്ന എന്റെ അരിപ്പ വാങ്ങിക്കൊണ്ടുപോയി കേടുവറ്റിയില്ലടി നീ ഇനി ഇങ്ങോട്ട് വാ ഓരോന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ കലപ്പ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഈ എത്ര ദിവസമായി ഓർമ്മയുണ്ടോടീ നിരക്ക് ഈ എടുക്കണേ ഞങ്ങളുടെ കലപ്പ തന്നില്ലെങ്കിൽ നീ എന്നെന്തു ചെയ്യടി നീ കലപ്പ തരില്ലേടി വാങ്ങിക്കാൻ കഴിയുമെന്ന് ഞാനൊന്നും നോക്കേപ്പ് അത് ഞങ്ങളുടെ എടുക്കുമല്ലോടീ എന്താ നിങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ലേ പെണ്ണുങ്ങളെ മാറി നിൽക്കേ മാറി നിൽക്കാൻ എൻറെ അപ്പൂ ദൈവം നമ്പരാൻ വിചാരിച്ചാലും എടുക്കാനാവില്ലെന്ന് കേട്ടിട്ടേ ഉള്ളൂ അതെ ഗബ്രിയലേ കെട്ടിയോളെ നേരെ ചൊവ്വേ നിർത്തിയില്ലെങ്കിൽ അയൽപക്കത്ത് ചോണയുള്ള പേമ്പർന്നൂരോണ്ടെന്ന് ഓർത്തോ അല്ല മറിയിച്ചെടുത്തി നിങ്ങൾക്ക് എന്തിനാ കേറാറാ വായത്തോന്ന് വിളിച്ചുപോവിയാ വയസ്സിന് മൂത്രാണൊന്നും ഗബ്രിയലെ നോക്കില്ല വെടക്കായ എന്നെപ്പോലെ വെടക്കി പരിസരത്തൊന്നും കാണുകയില്ല എന്നാ എന്നതാ നിന്റെ വിചാരം എന്റെ കെട്ടിയോളെ മൂക്കിൽ വലിച്ചു കയറ്റിക്കളയാമെന്നോ വമ്പത്തര ഈ യുവാനോട് വേണ്ട കേട്ടോ അച്ചായം തുനിഞ്ഞിറങ്ങിയതാരോ മാതിരി ഉണ്ടല്ലോ തണ്ടും തടിയുണ്ടെന്ന് വെച്ച് എനിക്ക് പേടിയെന്നുമില്ല ഈ ഗബ്രിയൽ എത്ര കണ്ടതാ നീ എന്നതാണാ വിചാരിച്ചു ഇവാനൊരു കഴുതയാണെന്നോ അല്ല കുതിരയാണെന്ന് മരക്കുതിര എരപ്പേ എരപ്പതിന്റെ അപ്പയാണ എന്റെ അപ്പനെ പറയൂ വണ്ടില്ലേ ഇവാനിന്റെ താടിലോമം മുഴുവൻ പറിച്ചെടുത്തു അതേടാ പറിച്ചെടുത്തു ഇപ്പൊ താടിലോണങ്ങളെ പറിച്ചുള്ളൂ ഇനി നിന്റെ അടിവേലിയാണെന്ന് സൂക്ഷിച്ചോ ആഹാ അത്രയ്ക്ക് അമ്പരം നീ നിന്റെ കൊമ്പ് ഞാൻ ഒടിക്കുന്നുണ്ട് ഇന്നാട്ട് കോടതിയും നിയമമൊക്കെ ഉണ്ടോന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാ ചേലക്കട്ട പോരാ വിചാരിക്കും പോലെ ശിക്ഷ നടപ്പാക്കാൻ കോടതി തറവാട്ട് സ്വത്താ അല്ല പിന്നെ യുവാനെ നീ എന്താ അവിവേകമാണടാ ഈ കാണിച്ചത് ഗബേലിന്റെ താഴെരോമങ്ങൾ പിഴുതെടുക്കാൻ നിനക്ക് ആരാടാ അധികാരം തന്നത് ഛേ എന്റെ സ്ഥാനത്ത് അപ്പച്ചനായിരുന്നെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു ആഹാ അപ്പൊ നീ എന്നെ പറ്റി ഇതാണോ ധരിച്ചു വെച്ചിരിക്കുന്നത് മോനെ ഫിബ്രിയേലിന്റെ കുടുംബം തമ്മിൽ എത്ര അടുപ്പത്തിലായിരുന്നു എനക്ക് അറിയാവോ ഒക്കെ നീ കളഞ്ഞു കുളിച്ചു ഞാൻ എന്ത് ചെയ്തെന്ന് അപ്പച്ചൻ പറയുന്നേ കൺമുന്നിൽ വെച്ച് എന്റെ ഭാര്യ അപമാനിച്ച ആ നീചനെ തലവിടണമായിരുന്നു അപ്പച്ച എടാ ഗ്രിയേൽ നിന്റെ ഭാര്യയെ അപമാനിച്ചെന്നൊക്കെ പറയുന്നത് അസത്യമാണ് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ എതിരാളിയുടെ മേൽ എന്തും ആരോപിക്കുന്നത് കർത്താവ് പൊറുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഡയുവാനെ അയാളുടെ താഴെ രോമങ്ങൾ പെഴുതത് കരുതിക്കൂട്ടിയൊന്നും ആയിരുന്നില്ല പച്ച മൽപിടുത്തത്തിനിടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു അതിനിപ്പോ എന്നാ നിനക്ക് അയാളോടത് തുറന്നു പറഞ്ഞുകൂടെ ഗബ്രിയേലിനോട് ക്ഷമിക്കാൻ അഭ്യർത്ഥിച്ചുകൂടി നല്ല കഥ ബുദ്ധിഭ്രമം ബാധിച്ച മട്ടിലാണ് അപ്പച്ചൻ ഇപ്പൊ സംസാരിക്കുന്നത് ക്ഷമ ചോദിക്കാൻ ചെന്നാൽ ഗബ്രിയേൽ എന്റെ മേക്കെട്ട് കാര്യല്ലേ അപ്പൊ എന്നെ അപ്പച്ചൻ അറിയില്ല ആരുടെ പ്രകൃതം കാട്ടുമൃഗൻ ഗബ്രിയേലിനേക്കാൾ ഭേദമാണ് അപ്പച്ച എടാ ഗബ്രിയേലിന്റെ അപ്പച്ചൻ കോർഡിയും ഞാനും തമ്മിൽ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നതെന്ന് നീ മറന്നിട്ടൊന്നും ഇല്ലല്ലോ അതൊക്കെ പണ്ട് കാലം മാറിയില്ലേ അപ്പച്ച മനുഷ്യർക്കും മാറ്റം ഇതിനൊക്കെ കോഴിയാണ് അതിനെ കോഴിയെ പഴിച്ചിട്ട് കാര്യമില്ല യുവാൻ കോഴിക്ക് തിരിച്ചറിവുണ്ടോ തിരിച്ചറിവുണ്ടെന്ന് അഭിമാനിക്കുന്നത് നമ്മളാണ് നമ്മളാണ് വിവേകത്തോടെ പെരുമാറേണ്ടത് ഒരു കോഴിമുട്ടയെ ചൊല്ലിയല്ലേ നിങ്ങൾ കലഹിച്ചത് കുട്ടികൾ ആരെങ്കിലും അതെടുത്ത് കാണും അതത്ര കാര്യമാക്കാനുണ്ടോ നഷ്ടപ്പെട്ടത് സ്വർണ്ണമുട്ടയൊന്നും അല്ലല്ലോ അപ്പച്ച ഗിരിപ്രഭാഷണം കേട്ടു നിൽക്കാൻ എനിക്ക് സമയമില്ല എനിക്ക് പാടത്ത് കുറച്ച് പണിയുണ്ട് യുവാൻ നീ ഒന്നുകൂടി ആലോചിക്കെ നീ ഇപ്പോൾ വഴിതെറ്റിയ കുഞ്ഞാടിനെ പോലെയാണ് ഓ ഈ അപ്പച്ചനെ കൊണ്ട് ഞാൻ തോറ്റു സത്യവും നീതി കോടതി തീരുമാനിക്കട്ടെ ഞാൻ ഇറങ്ങാണ് ബഹുമാനപ്പെട്ട കോടതി എന്റെ സ്ഥിതി മനസ്സിലാക്കണം ഈ നിൽക്കുന്ന യുവാൻ പുറമേ കാണുമ്പോലെയല്ല എന്നെയും കുടുംബത്തെയും നിലംബരശാഖിയേ അടങ്ങൂ എന്ന് ശപഥം ചെയ്ത മാതിരിയാ കള്ളം പച്ച നിങ്ങൾക്ക് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ചുകൂടെ നിങ്ങളുടെ മുൻഗാമികൾ എന്തൊരു യോജിപ്പിലായിരുന്നു അവർ നിങ്ങളെ പഠിപ്പിച്ചത് തമ്മിലടിച്ച് തലതല്ലി കീറാതായിരുന്നില്ലല്ലോ ഞാൻ വീട്ടിലൊന്നു സ്വർണ്ണവെച്ച സ്വർണത്തിന്റെ ഉരുപ്പിടിയല്ലേ അവര് അവരോട് വേറെ വർത്താൻ പറഞ്ഞില്ല അല്ല അവരോട് വേറെ നമ്മീ പറഞ്ഞാൽ അവർ കേട്ടില്ല അതേ വരുന്ന വരണ കേട്ടാ എങ്ങനെയാ കൃഷി ഇക്കാലത്ത് കൃഷിയോ എന്താ നിന്റെ അമ്മായിയപ്പനും ആ ഗബ്രിയേലും തമ്മിൽ ഇപ്പോഴും കീരിയും പാമ്പും പോലെയാണോ ഓ എന്നാ പറയാനാ ഏലിച്ചെടുത്തി ആ ഗബ്രിയേനോട് വാഗതിരില്ലാത്ത മനുഷ്യനാ ഇതിനകം എന്തെല്ലാം പൊല്ലാപ്പള്ള ുട്ടി നിന്റെ കെട്ടിയോനും അവന്റെ തന്തയും പഞ്ചപാവങ്ങളായിട്ടാണ് ഇല്ലെങ്കിൽ ഗബ്രിയൽ എന്നേ മണ്ണിനടിയിലായി പോയനെ ഒക്കെ കള്ളക്കൂട്ടങ്ങളാ ചേട്ടത്തി കണ്ണി കണ്ടത് തട്ടിക്കൊണ്ടു പോകും ആ ഏലി ചേട്ടത്തിക്ക് കേക്കണോ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയില് ആ ഗബ്രിയേല് ഞങ്ങളുടെ കുതിരയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നു കർത്താവേ കുതിരയെ തട്ടിക്കൊണ്ടു പോകാനോ എനിക്കത് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ലല്ലോ പെണ്ണെ എന്നിട്ട് അവൻ കുതിരയെ തട്ടിക്കൊണ്ടുപോയോടി ഉം അതിന് ഞങ്ങൾ അത്ര അണുക്കൂസുകളാണോ കയ്യോടെ പിടികൂടി ആളെ കണ്ടപ്പോ ഓടിക്കളഞ്ഞു ഇല്ലായിരുന്നെങ്കി കാണാ രണ്ടും കൽപ്പിച്ച എന്റെ കെട്ടിയോനും അമ്മായിപ്പനും പതുങ്ങി നിന്ന് ഒന്ന് പതുക്കെ പറയടി വരുന്നുണ്ട് ഓ ഒറക്ക പറയുന്നേ എനിക്കൊരു പേടിയില്ല അല്ലെങ്കിലും എന്തിനാ പേടിക്കുന്നേ കുതിരയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ടല്ലേ എലിച്ചെടുത്ത് ഈ പെണ്ണു അടിക്കുന്നത് ഞങ്ങളൊരു പഴങ്കഥ പറയുമായിരുന്നു ഗബ്രിയാലെ ഓ പഴങ്കഥല്ല പുതിയ കഥ തന്നെയാ കുതിരയെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന ഗബ്രിയേലിന്റെ കഥ എന്താ എലിച്ചെടുത്ത് ഇവിടെ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഓ കണ്ടില്ലേ പൊട്ടം കളിക്കുന്നത് ചുമ്മാതല്ല നാട്ടുകാർ പറയുന്നേ നാട്ടുകാരെന്താ എന്നെ പറ്റി പറയുന്നത് പഠിച്ച കളനാണ് ോാഭാവിട്ടത് കേട്ടതല്ലോ അവിടെ വേണ്ടാന്ന് പറഞ്ഞത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം അവൾ നാലാളുകൾക്ക് വിളിച്ചു പോയി എന്റെ മുഖത്ത് കരുതയിക്കാൻ കൽപ്പിച്ച് കെട്ടിയെ ചെന്ന് കഥകളൊക്കെ നമുക്ക് കാണാം ഗ്രിയേലിന്റെ അടിയേറ്റാണോ കത്രീനയെന്ന നിങ്ങൾ കല്യാണ പന്തലിയിൽ വീണത് അതെ അടിയേറ്റവിടെയാണ് എന്നിട്ട് എന്റെ കണ്ണിക്കൂടി പൊന്നിച്ച പാറണ പോലെ തോന്നി തലകറങ്ങി നാവ് വരണ്ടു ഞാൻ ബോധം കിട്ടുന്നിലെത്തു വീണു നിങ്ങൾ ഗർഭിണിയാണോ അതെ സദസ്സിൽ വെച്ച് ഗബ്രിയലിനെ അപമാനിക്കാനല്ലേ നിങ്ങൾ കുതിര പറ്റി പറഞ്ഞത് അല്ല ഗബ്രിയൽ ഞങ്ങളുടെ കുതിരയെ മോഷ്ടിക്കാൻ വന്ന് പല രാത്രികളിലും അയാൾ പാത്തും പതുങ്ങിയും ഞങ്ങളുടെ മുറ്റത്തുകൂടി നടക്കാറുണ്ടായിരുന്നു പക്ഷേ ലക്ഷ്യം കുതിരയും മോഷ്ടിക്കലാണെന്ന് വൈകിയാ ഞങ്ങൾക്ക് ബോധ്യായത് ഗബ്രിയൽ കത്രീന പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടുവല്ലോ ഇനി നിങ്ങൾക്കെന്താണോ അതേപ്പറ്റി പറയാനുള്ളത് കേട്ടതൊന്നും നേരല്ല അപമാനായപ്പോ ദേഷ്യപ്പെട്ടത് നേരാ അടിക്കാൻ കൈയോഗം ചെയ്തു അടിച്ചെന്ന് പറയുന്നതിൽ എല്ലോളം വാസ്തവമില്ല എനിക്ക് ശിക്ഷ വാങ്ങി തരാൻ കൽപ്പിച്ചുകൊണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ കേസ് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും നിങ്ങളുടെ അപരാധത്തിന് അടിവരയിടുന്നു കീഴ്ക്കോടതി എന്റെ നിരപരാധിത്വത്തിനാണ് അടിവരയിട്ടത് കീഴ്ക്കോടതി വിധിയിലെ അപാകത പരിഹരിക്കുകയാളല്ലോ മേൽക്കോടതിയുടെ ധർമ്മം ധർമ്മവും അധർമ്മവും വേർതിരിക്കുമ്പോ മാനുഷിക പരിഗണനയെപ്പറ്റി മറന്നുപോകരുതെന്ന് കോടതിയോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നീതിപീഠത്തെ ഉപദേശിക്കാൻ പ്രതിക്ക് അധികാരമില്ല വിസ്താരം പൂർത്തിയായ സ്ഥിതിക്ക് വിധി പ്രസ്താവിക്കാൻ ബഹുമാനപ്പെട്ട ന്യായാധിപനോട് ഞാൻ അപേക്ഷിക്കുന്നു വാദിയെയും പ്രതിയെയും സാക്ഷികളെയും വിസ്തരിച്ചുവരിച്ചു സാഹചര്യ തെളിവുകൾ പരിശോധിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗബ്രിയേൽ കുറ്റം ചെയ്തതായി ഈ കോടതിക്ക് ഉത്തമ ബോധ്യം വന്നിരിക്കുന്നു ഒരു ഗർഭിണിയെ അടിച്ചു വരുത്തിയ നടപടി കോടതിയുടെ ദൃഷ്ടിയിൽ അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ് ആയതുകൊണ്ട് ഗബ്രിയേലിന് മുക്കാലിയിൽ കെട്ടി ഇരുപത് അടി നൽകുവാൻ ഈ കോടതി വിധിച്ചുകൊള്ളുന്നു എന്തോര സന്തോഷമായിരുന്നു പത്തല്ല പതിനഞ്ച് മെഴുകുതിരി ഞാൻ കത്തിക്കും പള്ളിയിലായിപ്പോൾ ആൺകുട്ടി തന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്താ മനുഷ്യ നീയും കത്രേനയും ഇവിടെ നിൽക്കണം ഞാൻ ആ ഗെബ്രിയൽ നിന്ന് നോക്കിയിട്ട് വരാം പറയുന്നത് കേട്ടപ്പോ അവന്റെ മുഖം കാണണമായിരുന്നു കടലാസ് പോലെ വെളുത്തുപോയി ഇയാളുടെ വീട് ചുറ്റരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞുവോ ചുട്ടരിക്കുമെന്ന് പറഞ്ഞതു നേരാണ് അതയാളുടെ വീടല്ല വയലിലെ വൈക്കോൽ കുറ്റികൾ ചുട്ടരിക്കുമെന്നാ ഞാൻ പറഞ്ഞത് ഇവാനെ തൃപ്തിപ്പെടുത്താൻ കോടതിക്ക് എന്റെ ശിക്ഷ ഇനിയും കൂട്ടാവുന്നതാണ് തോറ്റവന്റെ മേൽ എത്ര ഭാരം വേണമെങ്കിലും വെച്ച് കെട്ടാലോ അവനുവേണ്ടി വാദിക്കാൻ ആരാ ഉള്ളത് ചാട്ടവാറുകൊണ്ട് അടിച്ചു പൊളിക്കൂ എന്റെ പുറം വേഗമാവട്ടെ എന്തിനു വൈകിക്കണം അധികാരം കഴിയില്ലേ അടിച്ചു കൊല്ലൂ ഗബ്രിയേ എന്താണിത് ശാന്തനാകൂ ശാന്തനായി ആലോചിക്കൂ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കൂ ഇവാൻ നിങ്ങൾക്ക് മാപ്പ് തരാതിരിക്കില്ല ശിക്ഷയിളവ് ചെയ്യുന്ന കാര്യം കോടതി അനുഭാവപൂർവ്വം പരിഗണിക്കൂ ശിക്ഷ ഇളവ് വരുത്താൻ നിയമം അനുവദിക്കുന്നില്ലെന്ന് ബഹുമാനപ്പെട്ട കോടതി ഓർപ്പിക്കുന്നു നിയമം മനുഷ്യനു വേണ്ടിയാണ് മനുഷ്യൻ നിയമത്തിനു വേണ്ടിയല്ല ഇക്കാലം അത്രയും കേസ് ബാധിച്ചിട്ടും ഈ പരമാർത്ഥം വിസ്താരകുമനസ്സിലാക്കാൻ കഴിയാതെ പോയതിൽ കോടതിക്ക് ലജ്ജിയുണ്ട് ഗബ്രിയേൽ കോടതിയുടെ നിർദ്ദേശം സ്വീകരിക്കൂ ഇവാനോട് തെറ്റ് സമ്മതിച്ച് എനിക്ക് മാപ്പല്ല വേണ്ടത് ചാട്ടവാറടിയാണ് മുക്കാരിൽ കെട്ടി ഇരുപതടി എനിക്ക് വയസ്സമ്പതായി കല്യാണം കഴിച്ചൊരു മകനുമുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ചാട്ടവാറടിക്ക് വിധിച്ചത് നല്ലവനും ദയാലുവുമായ എന്റെ അയൽക്കാരൻ ഉത്തമമായ സമ്മാനം എനിക്ക് നൽകിയിരിക്കുന്നു ഈ സ്നേഹ സമ്മാനം മനസ്സറിഞ്ഞ് ഞാൻ സ്വീകരിച്ചോളാം നിധി നടപ്പാക്കിയെന്ന് കോടതിക്കും അയൽവാസിക്കുത്തമമായ സമ്മാനം നൽകിയെന്ന് ഇവാനും അഭിമാനിക്കാം ഗബ്രിയൽ വാശിയും വൈരാഗ്യവും മാറ്റിവെച്ച് ഇവാനോട് ഇല്ല ഞാൻ മാപ്പിറക്കില്ല എനിക്കാരോയും സൗജന്യം വേണ്ട വേണ്ട പക്ഷേ എന്റെ അയൽക്കാരൻ എന്നെ മറക്കാനാവില്ല ഗബ്രിയലിന് ഇവാൻ എന്നും ഓർമ്മിക്കും നല്ലവനായ എന്റെ അയൽക്കാരൻ പരിഷ്കാലം മുഴുവൻ ഗബ്രിയലിന് ഓർമ്മിക്കും പരിഷ്കാലം മുഴുവൻ ഇവാനെ അവസാനം ഗബ്രിയാലിന് ശിക്ഷ വിധിച്ചു അടാ വിധിച്ചു അപ്പച്ചാ വിധിച്ചു മുക്കാലിയിൽ കെട്ടി ഇരുപതടി കഷ്ടം ഗബ്രിയാലിന് ഇരുപതടി കിട്ടുന്നതിലൂടെ നീ സമ്പാദിക്കുന്നത് എന്താടാ ആ ദ്രോഹി അങ്ങനെ ചെയ്യില്ല നമ്മളോട് മാത്രമല്ല ആരോടും നീ ചെയ്താലും വലിയ അപരാധമൊന്നും ഗബ്രിയേൽ ചെയ്തിട്ടില്ലല്ലോ ഓ വീട്ടിൽ വന്നതിന് ശേഷം അയാൾ വീമ്പിളക്കിയത് എന്താണെന്ന് അറിയാവോ നമ്മുടെ വീടിന് തീവ് ഇനിയെങ്കിലും അല്ല ഗബ്രിയൽ വർഷങ്ങളായി ഈ തട്ടിൻ പുറത്ത് കിടക്കുന്ന നിന്റെ അപ്പച്ചൻ ഒന്നും കാണുന്നില്ലെന്നും എല്ലാം നീ കാണുന്നില്ലെന്നും നീ വിചാരിക്കുന്നു അല്ലെ യുവാനെ നീ ആണ് കാണാത്തത് കുടിപ്പുക ഴ്ച താറുമാറാക്കിയിരിക്കുന്നു മറ്റുള്ളവരുടെ പാപങ്ങളെ നീ കാണുന്നുണ്ട് ഗബ്രിയേലിന്റെ താടിരോമങ്ങൾ പിഴുതെടുത്തത് ആരാണ് നീയല്ലേ അയാളുടെ വൈക്കോൽക്കൂന കേടുവരുത്തിയതും നീയല്ലേ യുവാനെ ഇപ്പോൾ അയാൾക്ക് കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങിക്കൊടുത്തതും മറ്റാരും അല്ല വഴി വിഴച്ച ജീവിതമാണ് മകനെ നീ നയിക്കുന്നത് ഈ വീട്ടിലെ സ്ത്രീകളെയും കുട്ടികളെയും നീ പഠിപ്പിക്കുന്നത് എന്താണ് അയാൾക്കാരോട് കടിപിടി പൂട്ട എങ്ങനെ ചെയ്യാനായിരുന്നോടാ നിന്നെ കർത്താവ് പഠിപ്പിച്ചത് എന്താ നീ എന്താ ഒന്നും മിണ്ടാത്തത് യുവാനെന്ത്ബ്രിയനുമായി വഴക്ക് തുടങ്ങിയതിൽ പിന്നെ നിനക്ക് സ്വസ്ഥതയുണ്ടോടാ നീ സുഖമായി ഉറങ്ങിയിട്ടുണ്ടോ കോടതിയിൽ എത്രമാത്രം പണമാണ് നീ ചെലവഴിച്ചത് പുത്തിയ കാരണം നിന്റെ വരുമാനത്തിൽ സാരമായ കുറവ് വന്നിട്ടില്ലേ യോ നേരത്തും കാലത്തും ഉഴവും വിതയും നടക്കാത്തത് കൊണ്ട് കൃഷി പാഴായിപ്പോയി എന്റെ മോൻ കേസും വഴക്കും അവസാനിപ്പിക്കൂ കബ്രിയേലുമായി യോജിപ്പിലെത്തുമോനെ യോജിപ്പിലെത്ത് അയാളെ ക്ഷണിച്ചുകൊണ്ട് വന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക് ഒന്നിച്ചിരുന്ന് ക്രിബ്രിയേലിന്റെ അപ്പച്ചനും ഞാനും കഴിഞ്ഞതുപോലെ നമുക്കും അപ്പച്ചൻ പറയുന്നതിൽ കഴമുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു പക്ഷേ പക്ഷെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കൊരു രൂപവുമില്ല അപ്പച്ച ആളിപ്പടരുന്നതിന് മുൻപ് തീക്കെടുത്തു പോനെ തീക്കെടുത്ത് അതാണ് ബുദ്ധി ഇനിയും വൈകരുത് കേസ് പിണവലിച്ച് എന്റെ മോൻ ഗബ്രിയേലിനെ ചെന്ന് കാണ അയാൾ നല്ലവനാണ് ഗോർഡിയുടെ മകൻ ഗബ്രിയേൽ നല്ലവനാണ് മോനെ നല്ലവനാണ് അങ്ങനെ മോനി നന്നായി അപ്പച്ചു തൃപ്തിയായി തൃപ്തിയായി പിന്നെ പിന്നെ നിന്റെ എട്ടല്ലേ ഞങ്ങളുടെ പത്ത് നീ ഒക്കെ എന്താ വിചാരിച്ചത് ഞങ്ങളെ അങ്ങ് മൂക്കിക്കേറ്റാന്നോ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് എന്താ പറയേ എന്തിനാത് കാര്യങ്ങളിൽ എങ്ങനെയെങ്കിലും ഒന്ന് വെക്കുമ്പോ അവളും വെക്കിട്ട് കയറാൻ വന്നെ ഞാൻ എന്നാ ചെയ്യാനാ പിന്നെ നമ്മുടെ പെരക്ക് തീ വെക്കുമെന്നും പറഞ്ഞാ അവൻ നടക്കുന്നേ ആ പിന്നെ ഒരു വർത്തമാനം കൂടി ഉണ്ടാ എന്താ ചക്രവർത്തിക്ക് അയക്കാൻ ലബ്രിയെ ഹർജി തയ്യാറാക്കുന്നു നമ്മുടെ സ്വത്തിന്റെ പകുതി അവൻ അവകാശപ്പെട്ടതാണെന്ന് അത് വീണ്ടെടുക്കാനാ ഹർജി നിങ്ങളിവിടെ പുണ്യാളിരുന്നോത്തേ ആണുങ്ങൾ കൊണ്ടുപോകും അവനിന്ന് വരട്ടെ പിടിച്ച് തലയിൽ വെച്ചു കൊടുക്കാം എന്തോ അപ്പച്ഛൻ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചതാ ഗബ്രിയൽ തുനിഞ്ഞിറങ്ങിയ സ്ഥിതിക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല വഴക്കും വയ്യാവേലിയും ഊത്തുതീരരുതെന്നാവും ദൈവനിശ്ചയം പടിഞ്ഞാറ് ഭാഗത്ത് ആരോ ഉണ്ട് ആ അതയാളായിരിക്കും ഗബ്രിയൽ വീടിന് തീയക്കാൻ വന്നതായിരിക്കും ഒച്ച പോയി നോക്കാം ഏ ഹിന്ദു പരിമാരും ആരെയും കാണാനില്ല ഇങ്ങനെ ഒരു കലപ്പ് കിടക്കുന്നു ണെന്ന് തോന്നിയതാവും എന്ന് വെച്ച് കാവൽ ഒഴിവാക്കാനാവില്ല കർത്താവേ കലപ്പ കണ്ടത്തി ഇതാ ഒരു തീനളം അതിനിപ്പോൾ നല്ല തെളിച്ചും തൊപ്പി വെച്ച ഒരാൾ പുറന്തിരിഞ്ഞിരുന്ന് വൈക്കോൽ ഊതിക്കത്തിക്കുന്നു അതവൻ തന്നെയാ ഗബ്രിയൻ ദ്രോഹിയെ പിടികൂടണം പിടികൂടണം മേൽപ്പുരയിലേക്ക് എത്തി പടർന്ന് കയറുകയാണല്ലോ എന്റെ കർത്താവേ അവന് ഓടി എന്താണ് ഈ കാണുന്നത് രാത്രിയിൽ സൂടിന് പോലെ അവന് പോകേണ്ടിയിരുന്നില്ല തീപിടുത്ത രണ്ടു വാഴ അവന്റെ വീടിന് തീ പിടിച്ചു അവന്റെ വീടിന് മാത്രമല്ല അടുത്തുള്ള എല്ലാ വീടുകളിലേക്കും തീ പടർന്നു വേണ്ടിയുള്ള ടുത്തേക്ക് പോണല്ലോ ായിരുന്നു ഗ്രാമ തലവന്റെ കാരുണ്യം കൊണ്ടാ രക്ഷപ്പെട്ടത് മോഹനെ നിന്നെ ഇപ്പോ വിളിപ്പിച്ചത് യാത്ര പറയാൻ ആടാ അപ്പച്ചന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുമ്പോ മോഹനെ നമ്മുടെ ഈ ഗ്രാമത്തിന് ആരാടാ ഇങ്ങനെ തീവെച്ചത് അത് അദ്രോഹിയാണ് അപ്പച്ച ഗബ്രിയൽ അവൻ എന്റെ കയ്യിൽ കിട്ടിയതാ മരക്കുറ്റി കൊണ്ട് അവൻ വീഴ്ത്തി കളഞ്ഞു ബോധം വീണ്ടും കിട്ടിയപ്പോഴേക്ക് കഴിഞ്ഞിരുന്നു അപ്പച്ച തീക്കെടുത്താമായിരുന്നു ആ നീ തന്നെ പിടികൂടുന്നതിലായിരുന്നു എന്റെ മുഴുവനും അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം സംഭവിച്ചത് ഞാനത് ആടി പടരുന്നതിന് മുമ്പ് എനിക്ക് തീ കെടുത്താമായിരുന്നു അപ്പച്ച ബുദ്ധിപോഷം കൊണ്ട് എനിക്കഴിഞ്ഞില്ല ഞാൻ കുറ്റവാളിയാണ് അപ്പച്ച അപ്പച്ചന്റെ മുന്നിലും ദൈവസന്നിധിയിലും ഞാൻ കുറ്റവാളിയാണ് തീർച്ചയായും ഒരു വഴിയുണ്ട് നീ നിരാശപ്പെടരുത് ദുഃഖിച്ചിട്ടും കാര്യമില്ല ഒക്കെ നേരെയാവും നേരെയാവു നോക്ക് പുരയ്ക്ക് തീവച്ചതാരാണെന്ന് എന്റെ മോൻ ആരോടും പറയരുത് അന്യന്റെ ഒരു പാപം പുറുത്താൽ നിന്റെ രണ്ട് പാപം കർത്താവ് പൊറുക്കും എബ്രിയേനുമായി നല്ല ബന്ധത്തിൽ കഴിയണം അയാളുടെ മനസ്സുമാർ നല്ലവനാണ് പുതിയൊരു ജീവിതം തുടങ്ങി മോനെ നിന്നെ കർത്താവ് എനിക്ക് രഹിക്കും ഗബ്രിയേലിനെയും അപ്പച്ചൻ പറഞ്ഞതുപോലെ പുറയ്ക്ക് തീവച്ചതാരാണെന്ന് ആരോടും ഞാൻ പറയില്ല ഇക്കാര്യത്തിൽ അപ്പച്ചൻ എന്നെ വിശ്വസിക്കാം നന്നായി നിനക്ക് നല്ലത് വരും മോനെ നല്ലത് വരും നിനക്ക് മാത്രമല്ല എല്ലാവർക്കും നന്മ വരും ഇനി എനിക്ക് മനസ്സമാധാനത്തോടെ കണ്ണടക്കാം മനസ്സമാധാനത്തോടെ മനസ്സമാധാന ിയോ ട്രോൾസ്റ്റോയുടെ കഥയുടെ നാടകാവിഷ്കാരം സമാപിക്കുന്നു റേഡിയോ രൂപരചന റഹിം മുഖത്തല സംവിധാനം സി കൃഷ്ണകുമാർ ശബ്ദം നൽകിയവർ ചൊവ്ലൂർ കൃഷ്ണൻകുട്ടി ബിയൂർ ശിവദാസ് വൈക്കം ഗോപൻ മുക്കം ഭാസി ജോണി ചേദരമ്പലം ലിസി തോമസ് എൽ സി മാത്യു അഞ്ജലി റാണി കുര്യൻ രമണി നെമ്മണ്ട